സിദ്ധാന്തി എന്താ പറയുന്നത് അഹം ഞാൻ എന്നുള്ള അനുഭവം ഇത് അധ്യാസം കൊണ്ട് ഉള്ള അനുഭവമാണ് അധ്യാസം എന്ന് പറഞ്ഞാൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാർമ്യം കൊണ്ട് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നതാണ് ഭ്രാന്തിയാണ് സത്യം ഉണ്ട് എന്നാണ് ഞാൻ എന്നുള്ള അനുഭവം പൂരോഷി എന്താ പറയുന്നത് അങ്ങനെയല്ല അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയണം പിന്നെ ശരീരികൾ ഇതാത്മാക്കളാണ് ഇതും പ്രത്യക്ഷമായി അറിയുന്ന കാര്യമാണ് ആത്മാവിനെ ആത്മാവിനെ വേറിട്ടറിയാം അതുകൊണ്ടിവിടെ അധ്യാസം രണ്ടും തമ്മിലുള്ള താതാത്മ്യം സംഭവിക്കും ഇതാണ് പൂർവശവും അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താന്ന് പറയുന്നത് ആത്മാവിനെ അറിയുന്നത് ശ്രുതിയിലൂടെയാണ് നിത്യശുദ്ധബുദ്ധമായിരിക്കുന്ന ആത്മാവിനെ ശ്രുതിയിലൂടെ അറിയാൻ കഴിയും വേദം വെളിപ്പെടുത്തുകയും ദാഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഈ ശ്രുതി അങ്ങനെ പറഞ്ഞാലും നിത്യശുദ്ധമായ ഒരാത്മാവുണ്ടെന്ന് പറഞ്ഞാലും പ്രത്യക്ഷമായി നമ്മൾ അറിയാൻ ആത്മാവിനെ അറിയുന്ന അഹോ എന്നാണ് ഈ അഹോ എന്നറിയുമ്പോൾ അവിടെ ശ്രുതിയും ദുഃഖിയും ഒക്കെ ആയിട്ടുള്ള ആത്മാവിനെയാണ് അറിയുന്നത് നിത്യശുദ്ധ ബുദ്ധനായ ആത്മാവിനെയല്ല എന്നാണ് പൂർവിച്ചു പറയുന്നത് അതുകൊണ്ട് അഹം അനുഭവത്തിലൂടെ നമുക്ക് നിത്യശുദ്ധനായ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല ശ്രുതി അങ്ങനെ പറഞ്ഞാലും ജ്യേഷ്ഠ പ്രമാണം പ്രബലമായ പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷത്തിലൂടെ ഉള്ള അറിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ശ്രുതി പോലും പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് ബോധമുണ്ടാകുന്നത് ശ്രുതി കാരണം ശ്രവണേന്ത്യേക്കൂടെ ശ്രുതിയെ ശ്രവിക്കണം പിന്നെ ബോധമുണ്ടാവുന്നു അപ്പോൾ ശ്രുതി പോലും ആശ്രയിക്കുന്ന പ്രത്യക്ഷത്തിനാണ് പ്രാബല്യം വരേണ്ടത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ അനുഭവമാണ് ചെയ്തു ആത്മാവിനെ നമ്മൾ അറിയുന്നുണ്ട് സുഖിയായും ദുഃഖിയായുമൊക്കെ അറിയുന്നുണ്ട് അതാണ് ആത്മാവ് പരാത്മാവിനെ അറിയുന്നുണ്ട് ഇവിടെ അധ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ാണ് പറയുന്നത് അതിനുവേണ്ടിട്ട് കുറവക്ഷയുടെ അഭിപ്രായത്തിൽ ശ്രുതിയെക്കാളും ബലം പ്രത്യക്ഷത്തിനാണ് സിദ്ധാന്തിയുടെ അഭിപ്രായത്തിൽ പ്രത്യക്ഷത്തിനേക്കാളും ബലം ശ്രുതിക്കാണ് അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അപച്ചേദന്യായമെല്ലാം പറഞ്ഞത് അപ്പൊ അതിന് ഇനി അടുത്ത് കുമാരന്റെ ഭട്ടൽ അഭിപ്രായം പറയാണ് ഈ പറഞ്ഞ ഉദാഹരണമായിട്ട് യോജിക്കുന്നതന്നെ തന്ത്രവാർത്തികൾ ശാദ്ര ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് തന്ത്രവാർത്തകൾ അതിൽ കുമാരനഘട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം പറയാം തഥാ പൂർവാത് പരബലിയതീയത അന്യോന്യനിരപേക്ഷണം എത്ര ജന്മം നിരപേക്ഷാണെത്ര ജന്മ ധിയാൻ പോവുന്നത് പിന്നെ മുമ്പ് ഇവിടെ വന്നെടുത്ത് തത് അനപാദനെ അപവാദാത്മനാത്തേ അനുപത്തേഹേ അനുപത്തേഹ എന്നൊരു പാഠമുണ്ട് അനുപത്തേ എന്നുള്ളതാണ് ശരി പഴയ ഓർത്തുകൊണ്ട് പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ രജിസർപ്പ ഉദാഹരണമാണ് ഏറ്റവും നല്ലത് മീമാംസയിലാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൗർവാപരിയം പൂർവ്വദൌർബല്യം പ്രകൃതികത്വം എന്നൊക്കെ പറഞ്ഞതുപോലെ മീമാംസാരണ എളുപ്പം മനസ്സിലാക്കാൻ ഇതാണ് പൂർവാത്പരപരീയസ്വം തത്ര നാമ പ്രതീയതാം അന്യോന്യനിരപേക്ഷാണാം എത്ര ജന്മ ധിയ അന്യോന്യനിരപേക്ഷാ ധിയം യത്ര ജന്മ ഭവത് തൂർവാത് പരപരീയസ് അന്യനിരപേക്ഷാ ധിയം ധിയെന്നു ചുദ്ധി രണ്ട് ബുദ്ധി അന്യോന്യം അപേക്ഷിക്കാതിരിക്കുന്ന രണ്ട് ബുദ്ധികൾ അതാണ് അന്യോന്യനിരപേക്ഷാണിയ പരസ്പരം ആശ്രയിക്കാത്തതായ രണ്ട് ബുദ്ധികൾ ഇവിടെ ജന്മയത്ര ഭവിയത് എവിടെയാണോ അതുണ്ടാകുന്നത് അതാണ് രജ്ജസർപ്പം ഇവിടെ ആദ്യം ഉണ്ടാകുന്നു സർപ്പബുദ്ധി പിന്നെ ഉണ്ടാകുന്നു രജ്ജബുദ്ധി ഈ രണ്ട് ബോധം ഉണ്ടാകുന്നതിന് ഇത് പരസ്പരം ആശ്രയിക്കുന്നില്ല ആദ്യമൊരാൾക്ക് സെർപ്പബുദ്ധിയുണ്ടായി അത് രജ്ജുബോധത്തെ ആശ്രയിച്ചിട്ടല്ല രണ്ടാമതായ രജ്ജുബോധം ഉണ്ടായി അതും സെർപ്പബുദ്ധിയെ ആശ്രയിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായി സ്വതന്ത്രമായി ഉണ്ടായി ഈ രണ്ട് ബുദ്ധിയേയും നമുക്ക് നിരപേക്ഷ ബുദ്ധികൾ എന്ന് പറയാം ഒന്നിനെ ആശ്രയിക്കാതെ ഉണ്ടാകുന്ന ബോധം അതാണ് അന്യോന്യനിരപേക്ഷാണോ അന്യന്യം ആശ്രയിക്കാതിരിക്കുന്ന ധിയാം ജന്മ അന്യന്യം ആശ്രയിക്കാതിരിക്കുന്ന ധീ ബുദ്ധിയുടെ ഉത്പത്തി എത്ര ഭവരജ്ജി സർപ്പത്തിലുണ്ടാകും ആദ്യം സർപ്പബുദ്ധി പിന്നീട് രജ്ജുബുദ്ധി തത്ര അവിടെ പൂർവാത് പരബലിയസ്വം പ്രതീയത പൂർവ്വത്തെക്കാൾ പരത്തിനാണ് ബലം എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സർപ്പബുദ്ധിയേക്കാൾ ബലമേതിനാണ് രജ്ജുദ്ധിക്ക് എന്തുകൊണ്ട് രജ്ജബുദ്ധി സർപ്പബുദ്ധിയെ ബാധിക്കും അതെ അപ്പൊ പരസ്പര നിരപേക്ഷമായി ഒരു സ്ഥലത്ത് രണ്ട് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർവത്തെക്കാൾ ബലേദനായിരിക്കും അതുപോലെ ജ്യേഷ്ഠമായ പ്രത്യക്ഷത്തേക്കാൾ ബലം ഏതായിരിക്കും ശ്രുതിക്കായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത് പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ബോധം അവിടെ ആത്മാവിനെ കുറിച്ച് എങ്ങനെ ബോധം ഉണ്ടാകുന്നു പ്രത്യക്ഷത്തിൽ ആത്മാവസ്തുതിയും അതിനേക്കാൾ പേരെ ഏതായിരിക്കും ശ്രുതിയിൽ നിന്നുണ്ടാകുന്നു അത് നിത്യശുദ്ധ ബുദ്ധമാണ് എന്തുകൊണ്ട് ഈ രണ്ടാമതുണ്ടാകുന്ന ശ്രുതി പ്രത്യക്ഷത്തെ അതിനെ അപേക്ഷിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു പ്രത്യക്ഷത്തെ അത് അതിന്റെ പ്രമയുടെ കാര്യത്തിൽ അത് പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുണ്ട് പ്രമേയുടെ അത് ശ്രവണേന്ദ്രിയെ ആശ്രയിക്കുന്നുണ്ട് അത് പക്ഷെ അതിൽ ആ ബോധം പ്രമ അതിനത് പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അതിൽ തന്നെയുള്ള സദ്വിത ലിംഗങ്ങളിലൂടെയും മറ്റുമൊക്കെയാണ് അവിടെ നിത്യശുദ്ധമായ ആത്മാവിനെ അറിയുന്നു പ്രത്യക്ഷ ആശ്രയിക്കുന്നു പ്രമിതവും അനുപേക്ഷിപ്പോ നേരത്തെ പറഞ്ഞു പ്രമാത്വത്തിൽ അത് അപേക്ഷിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ പ്രാമാണ്യവും പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുണ്ട് ിയാഭോയ കുമാരലവട്ടം പറഞ്ഞു പൂർവം പരമജാത അബാധിത്വായത ഇതിന്റെ ബാക്കിയാണ് പൂർവം പരംഅജാതൃം പൂർവജ്ഞാന ഏതാണ് സർപ്പജ്ഞാനം ഉണ്ടായപ്പോ പരം അജാതത്വ രജ്ഞാനം ഉണ്ടായില്ല എപ്പോഴാണ് നമുക്ക് സർപ്പജ്ഞാനം ഉണ്ടായത് ആ സമയത്ത് രജിജ്ഞാനം അതാണ് പൂർവം പരമജാതത്വ പൂർവം എന്ന് പൂർവജ്ഞാനം ഉണ്ടായ സമയത്ത് പരം അജാതത്വ പരജ്ഞാനം ഉണ്ടാകാത്തതുകൊണ്ട് അബാധിപ്പ് ഇവയതേ അപ്പോ പൂർവജ്ഞാനം പരജ്ഞാനത്തെ ബാധിക്കുന്നേയില്ല ഉണ്ടാകാനെ ബാധിക്കുന്നുണ്ടെ ബാധിക്കണോ അയം സർപ്പഹ എന്നുള്ള ജ്ഞാനം ഉണ്ടായത് അപ്പൊ രജിജ്ഞാനം ഇല്ല അതുകൊണ്ട് അതിനെ ബാധിക്കുന്നുണ്ട് ആണ് പറയുന്നത് പൂർവം പരം പരത്തിനും ബാധിക്കാതെയാണ് എന്തുണ്ടാവുന്നത് പരസ്യ അനന്യഥ ഉത്പാദ അനന്യഥത്പയഥ ന ഉത്പ പരസ്യ അനന്യത ഉത്പാദ എന്ന് പറയുന്നത് സംഭവ ഇനി പരജ്ഞാനത്തിന്റെ കാര്യം എടുക്കുക പരജ്ഞാനം എന്ന് പറയുന്നത് പ്രതിജ്ഞാനം അന്യത ന ഉത്പാദ അത് പൂർവ്വത്തെ ബാധിക്കാതെ ഉണ്ടാകത്തില്ല അന്യതാന്ന് വെച്ചാൽ പൂർവ്വത്തെ ബാധിക്കാതെ പൂർവ്വജ്ഞാനത് സർപ്പജ്ഞാനത്തെ ബാധിക്കാതെ അതുണ്ടാകത്തില്ല അതാണ് പരസ്യ അനന്യത അന്യത ന ഉത്പാദ അനന്യത ഉത്പാദ നത്വബാധേന സംഭവ പൂർവത്തെ ബാധിക്കാതെ ന സംഭവാ ഉത്തരസ്യ ന സംഭവമാണ് പൂർവജ്ഞാനത്തെ ബാധിക്കാതെ ഉത്തരജ്ഞാനം ഉണ്ടാകത്തില്ല ഉദാഹരണത്തിന് വളരെ സ്പഷ്ടമാണ് പൂർവം പരം അജാതത്വ ആദ്യം സർപ്പജ്ഞാനം ഉണ്ടായപ്പോ പരജ്ഞാനം ഉണ്ടായതേയില്ല അതുകൊണ്ട് എന്ത് വരുന്നു അബാധിത്വേവ അബാധിത്വ പരത്തെ ബാധിക്കാതെ തന്നെ ഉണ്ടാകും പൂർവ്വജ്ഞാനം ആദ്യത്തെ ഞാൻ പക്ഷെ രണ്ടാമത്തെ അങ്ങനെയല്ലേ നേരെ വിപരീതമാണ് രണ്ടാമത്തെ എങ്ങനെയാണ് പരസ്യ അനന്യത ഉത്പാദ പരഞ്ഞാനം രണ്ടാമത് വരുന്ന സർപ്പജ്ഞാനം അന്യഥ ഉത്പാദ പൂർത്ത ബാധിക്കാതെ അത് ഉണ്ടാകുന്നൊണ്ടെന്തുവരുന്നു നത്വബാധീന സംഭവം പൂർവ്വത്തെ ബാധിക്കാതെ രണ്ടാമത്തത് ഉണ്ടാകത്തേ അപ്പോൾ ഇതിൽ നിന്ന് ഈ സ്ഥലത്ത് പരത്തിനാണ് മിക്ക പരമാണ് യഥാർത്ഥമായ ഞാനും പറയുന്നത് ഇതുകൊണ്ടാണ് ആദ്യം ഉണ്ടായത് ഭ്രാന്തിയാണ് രണ്ടാമതുണ്ടായത് യഥാർത്ഥമായ ജ്ഞാനമാണ് അപ്പോൾ യഥാർത്ഥമായ ഞാനും രണ്ടാമതുണ്ടായാലും ശരി ആദ്യത്തെ ജ്ഞാനത്തെ അത് അതുകൊണ്ട് ആദ്യം ഉണ്ടായത് ശരി അങ്ങനെയല്ല രണ്ടാമതുണ്ടായതാണ് ശരി അത് യഥാർത്ഥവും ആദ്യം ഉണ്ടായത് ഭ്രാന്തിയാണ് അതെവിടെയും പ്രത്യക്ഷമായി സർവജനങ്ങൾക്ക് സാധാരണമായി ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ സുഖിയും ദുഃഖിയുമാണ് ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരാൾ പറയുന്നത് ആത്മാവിനെ അനുഭവമാണെങ്കിലും ആത്മാവ് സുഖിയും ദുഃഖിയാണെന്നുള്ള ഈ എല്ലാവർക്കും സാമാന്യമായി ഉണ്ടാകുന്നു എന്നിട്ട് അപ്രത്യക്ഷമായി പക്ഷേ പരം ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിരിക്കുമ്പോ നിന്ന് താൻ നിത്യമുക്തനായ ആത്മാവണമെന്നുള്ള ബോധം ഉണ്ടായിരുന്നു ആ ഗീത പൂർവം പരം അജാതത്വ ഞാൻ സുഖിയും ഈ ജ്ഞാനം ഉണ്ടായപ്പോ പരം അജാതത്വ ഞാൻ നിത്യശുദ്ധ മുക്തനാണെന്നൊരു ജ്ഞാനം ഉണ്ടായില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അബാധിത്വ ഏവ ജായതയും ഈ പൂർവ്വജ്ഞാനം ഞാൻ ദുഃഖിയാണെന്നുള്ള ഈ ജ്ഞാനം എന്താണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനത്തെ ബാധിക്കുന്നേ ഇല്ല പ്രത്യക്ഷ ശ്രുതിയെ ബാധിക്കുമെന്നാണല്ലോ പൂർവ്വപക്ഷി പറഞ്ഞത് കഴിയുന്നു അങ്ങനെയല്ല പൂർവംപരം അജാതത്വ അബാധിത്വായതേ പരസ്യ അനന്യത ഉത്പാദ പക്ഷെ പരവെങ്ങനെയല്ല പരവെന്ന് പറയുന്ന ഇവിടെ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന താൻ നിത്യശുദ്ധ ബുദ്ധമുക്തനായ ആത്മാവാണെന്നുള്ള ജ്ഞാനം അന്യഥ നൌത്പാദ പൂർവത്തെ ബാധിക്കാതെ ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല പൂർവജ്ഞാനം എന്തായിരുന്നു ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നൊക്കെയുള്ള ഈ ജ്ഞാനത്തെ എന്താണ് ബാധിക്കാതെ ശ്രുതിയിൽ നിന്നുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകത്തില്ലേ എന്നുള്ള ആദ്യത്തെ ഈ ജ്ഞാനം ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഈ ജ്ഞാനം ഇത് ഭ്രാന്തിയാണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് യഥാർത്ഥമായ ജ്ഞാനമാണ് അപ്പൊ ഈ യഥാർത്ഥമായ ജ്ഞാനം പരസ്യ അനന്യഥ ഉത്പാദ പൂർവ്വത്തെ ബാധിക്കാതെ അത് ഉണ്ടാകാത്തത് കൊണ്ട് ബാധേന സംഭവമാണ് പൂർവ്വത്തെ ബാധിക്കാതെ രണ്ടാമത് ഞാനുണ്ടാകത്തില്ല അപ്പൊ ശ്രുതിയിൽ നിന്ന് ഞാൻ നിത്യ ശുദ്ധ ബുദ്ധമുക്തനായ ആത്മാവാണെന്ന് ബോധം ഉണ്ടാകുന്നത് അവനെ സംബന്ധിച്ച പൂർവജ്ഞാനത്തെ ബാധിച്ചിരിക്കുന്നു അതിനാണ് പൂർവരബലിയ സ്തു പൂർവജ്ഞാനത്തെക്കാൾ ഭരണേദനാണോ സിദ്ധാന്തി പറയുന്ന എന്താണോ ആരും പ്രത്യക്ഷമായി അഹം എന്നുള്ള ബോധത്തിലൂടെ ആത്മാവിനെ അറിയുന്നില്ല അറിയുന്നു എന്ന് നിങ്ങള് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ സുഖിയായും ദുഃഖിയായിട്ടാണ് അറിയുന്നത് അപ്പൊ സുഖിയായും ദുഃഖിയായ ആത്മാവിനെ അറിയുന്നു എന്ന് പറയേണ്ടി വരും അത് ശരിയല്ല ീ അഹോ അനുഭവം എന്ന് പറയുന്നത് എന്താണ് എന്നൊരു ഭ്രാന്തിയാണ് അത്യാസമാണ് ശ്രുതിയാണ് ഇടപ്പെടുത്തുന്നത് എന്താണ് നിത്യശുദ്ധമായ ഒരു ആത്മാവ് ഈ അനു അഹം അനുഭവത്തിന് ആധാരമായിട്ടുണ്ട് സാക്ഷിയായിട്ടുണ്ടെന്ന് പറയുന്നത് ശ്രുതിയാണ് എന്നുള്ള പറയുന്നു േ അഹങ്കാസ്പദിഷ തൈരപ്പിന് താത്വികം അഭ്യപേതവ്യം അഹം ഇഹേവാസ് സദന ജപിക്ന ഗൃഹ മഹാതരുഷ ഭൂമി ദുർവാളനിർസ പ്രവത് നിയമനുഭൂയത നത്മനെതി സി തധാംഭവ ഓണത്തേവ നീതി ഇനി അഹമനുഭവത്തെ കുറിച്ച് പറയും പൂർവക്ഷി പറയുന്ന എന്താണ് അഹം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുന്നുണ്ട് എന്നാണ് അവരെക്കുറിച്ച് പറയുള്ളൂ ഈ പറയുന്നൊന്നും ശരിയല്ല അഹം എന്ന് പറഞ്ഞാലും ആത്മാവിനെ അറിയുന്നില്ല അഭിച്ച ഏബി ആത്മാനം ആസ്തിഷ്ഠകം അഭിജ കൂടാതെ മാത്രമല്ല ദേവി ആരാണോ നിജവൈശേഷികന്മാരും പറ്റും അഹങ്കാരാസ്പദം ആത്മാനമാസ്തിഷ്ഠകം അവരെന്താണ് പറയുന്നത് അഹങ്കാരത്തിന്റെ വിഷയം അഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയമാണ് ആത്മാവ് എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന ഈ അനുഭവത്തിന്റെ വിഷയമാണ് ആത്മാവെന്ന് പറയുന്നത് അത് സിദ്ധാന്തമല്ല വൈശേഷികന്മാരും മറ്റും അങ്ങനെ പറയുന്നു ഒന്ന് ആത്മാവ് വിഷയമേ അല്ല നിർവിഷയമാണ് ഒന്നിന്റെ അത് വിഷയമല്ല അതിനും ഒന്നും വിഷയമില്ല അങ്ങനെയുള്ളതാണ് ആത്മാവ് അപ്പോ അഹങ്കാരത്തിന്റെ വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷെ അങ്ങനെ ചിലർ പറയുന്നുണ്ട് മേ ബി അഹങ്കാരാസ്പദം ആത്മാനം ആസ്തിഷത പ്രതിജ്ഞ ചെയ്തത് ആസ്തിഷത ലുങ്ങിന്റെ രൂപമാണ് ആംഗപൂർവ്വത്തിലുള്ള സ്ഥാഭാവം സ്ഥാ പഠിച്ചിട്ടുണ്ട് ആംഗസ്ത പ്രതിജ്ഞായ ഉപസംഖ്യാനം വ്യാകരണം പഠിക്കാനുള്ള തയ്യാറാണെന്നും ാണ് തോന്നുന്നു ആങ്ങഹസ്ഥ പ്രതിജ്ഞായ ഉത്സംഖ്യ ആംഗപൂർവ്വത്തിലുള്ള സ്ഥാത പ്രതിജ്ഞ അർത്ഥത്തിലാണ് പ്രതിജ്ഞ എന്നുള്ള അർത്ഥം വരും ആതിഷ്ഠത പ്രതിജ്ഞയെന്നു ും അങ്ങനെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ആരാണ് പ്രതിജ്ഞ ചെയ്യുന്നത് ികന്മാരും മറ്റും അഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയമാണ് ആത്മാവെന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവർ ഉറപ്പിച്ചു പറയുന്നു അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു പൂർവക്ഷമാണ് ശരിയല്ലെന്നാണ് പറയുന്നത് ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തേരവി അസിനെ താത്വികത്വം അഭിപ്രായം ഇത് അങ്ങനെ പറഞ്ഞാൽ കൂടി ഇത് വാസ്തവമാണ് എന്ന് പറയാൻ പറ്റുന്നു ഈ അകമെന്ന അനുഭവത്തിലൂടെ എന്താണ് ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് അത് പരമാർത്ഥമാണെന്ന് അവർക്കും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ താത്വികത്വം എന്ന് വെച്ചാൽ അഹങ്കാരാസ്പദത്വം അഹങ്കാരത്തിന് അഹോം എന്ന് പറയുന്ന അനുഭവത്തിന് വിഷയമാണ് ആത്മാവെന്ന് പറയുന്നത് ഇത് പരമാർത്ഥമാണെന്ന് അവർക്ക് പറയാൻ പറ്റും അവർക്കും പറയാൻ പറ്റും തേരപി അസ്യ എന്താണ് അഹങ്കാരാസ്പഹോന്ന് പറയുന്ന അനുഭവത്തിന് വിഷയമാണ് ആത്മാവെന്ന് പറയുന്ന ഈ കാര്യം താത്വികമാണ് പരമാർത്ഥമാണെന്ന് അഭിഭേദമേ അവർക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് കഴിയത്തില്ല അതെടുത്ത് പറയുന്നു അഹം അസ്മി സദനേ ജാനാതു പറയുന്നത് പരസ്യാതാണ് തിഷ്ട പക്ഷെ പല സ്ഥലത്തും ആത്മനിരോധമായി ഇത്രയും സമവപ്രത പല സ്ഥലങ്ങളുണ്ട് നിരവധി സ്ഥലങ്ങളും ഉപസർഗങ്ങളൊക്കെ വരുമ്പം അർത്ഥവ്യത്യാസം വരുമ്പോൾ അത് ആത്മനയോഗം ആത്മയോഗം പറയും സാധാരണ മനുഷ്യന്റെ ഒരു പ്രയോഗമാണ് എന്താണ് അഹം ഇഹൈവ അസ്മി സദനെന്താ ജാനം ഇഹ സദനേ അസ്മി ാണ്ഹ അഹം ജാന എന്താർത്ഥം ഏ എന്താ ജനോർ ജാവോധന എന്ന് പറയുന്ന ധാതു ജ വരുമ്പോഴാണ് ഏത് ഗണത്തിലാ വരുന്നത് ലിന് ശാനച്ചവര് ലഡാനച്ചു അപ്രഥമാനച്ചു കഴിഞ്ഞുണ്ട് ഞാ ജനോർ ജാധാതു ജാവും ജാനഹു എന്ന് പറയുന്നു അറിയുന്നവനായ ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ അറിവുള്ളവനാണ് എനിക്ക് അറിവുണ്ടെന്നാണ് അപ്പൊ അറിവുള്ളവനായ ഞാനെന്നും എടുത്തു പറയുന്ന എന്തിനു വേണ്ടി ഞാൻ ശരീരമല്ലെന്നും കാണിക്കാൻ വേണ്ടിട്ടാണ് ശരീരമാണെങ്കിൽ അറിയും ജഡമായ ശരീരത്തിന് അറിവുണ്ടാവാത്തില്ല ഇതൊരു പ്രയോഗത്തെ കാണിക്കുന്നുണ്ട് സാറിന് ആൾക്കാർ പറയുന്ന അറിയുന്നവനായ ഞാനെന്ന് പറയുമ്പോ അറിയുന്നവനായ അറിവല്ല ഉള്ളത് അപ്പോ ആത്മാവരാണ് വൈശേഷിക സിദ്ധാന്തമനുസരിച്ചും അവർ പറയുന്നത് സമായ സംബന്ധത്തിൽ ആത്മാവിൽ അറിവുണ്ടെന്നാണ് അപ്പം അവർക്കും ജാനാനഹ അഹമെന്ന് പറയുമ്പോൾ ആത്മാവാണെന്ന് തന്നെ പറയേണ്ടി വരും ശരീരം എന്ന് പറയാൻ കഴിയത്തില്ല അവരുടെ സിദ്ധാന്തമനുസരിച്ച് ഇഹ സദനേവ സീട് വീട്ടിൽ തന്നെ ഇവിടെ അസ്മി ുണ്ട് എന്ന് പറയട്ടെ അറിയുന്നവനായ ഞാൻ എന്തിനെങ്കിലും അറിഞ്ഞോട്ടെ തന്നെയോ എന്തിനെങ്കിലും അറിയുന്നവനായ ഞാൻ നിങ്ങളറിവുള്ളവനായ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഒരാൾ പറയണം ഒരാൾ വിളിച്ചുപോയിക്കാണ് എവിടെയാണ് ഞാൻ വീട്ടിലുണ്ട് അങ്ങനെ പറയുന്ന ഒരു സന്ദർഭത്ത് ഞാൻ വീട്ടിലിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടു കാര്യം മനസ്സിലാവും ഒന്നെന്താണ് അറിയുന്നവനായ ഞാൻ എന്ന് പറയുമ്പോ ഞാനെന്ന് പറഞ്ഞ ആത്മാവല്ലേ ആത്മാവനാണ് പറയുന്നത് പിന്നെ ആ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയുന്നു വീട്ടിലിരിക്കുന്നു ഇതിനകത്തൊരു വൈദഗ്ധ്യമുള്ളു വൈശേഷികന്മാരും പറയുന്ന എന്താണ് ആത്മാവ് വ്യാപകമെന്നാണ് വിഭുവാണ് അപ്പൊ വിഭുവായ ആത്മാവ് നാല് ചുവരന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കാൻ പറ്റൂ അവര് പറയുന്നത് അഹോ എന്ന് പറഞ്ഞാൽ അതിലൂടെ പറയുന്ന ആത്മാവിനെയാണെന്നാണ് പറയുന്നത് അഹത്തിലൂടെ പറയുന്ന ആത്മാവിനെയാണെങ്കിൽ ആത്മാവ് ഈ ചവരന്റെ ഉള്ളിലിരിക്കുന്നു എന്ന അറിവുകളും പറയാൻ പറ്റും അപ്പോ അഹോ എന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റത്തില്ല അഹമെന്ന് പറഞ്ഞാൽ ആത്മാവിനെയാണ് പറയുന്നത് ആ ആത്മാവ് വീട്ടിൻ്റെ ഉള്ളിലെന്ന് ഇങ്ങനെ പറയാൻ പറ്റും അദ്വൈതിക്ക് പറയാൻ പറയുന്ന ആത്മാവിന്റെ വിനയോ ആത്മ കൊണ്ട് സംഭവിച്ച ഒരു ഭ്രാന്തിയാണ് ഒരു അനുഭവമാണ് ഒരു ഭ്രമമാണ് ഈ അഹോന്ന് പറയുന്നത് ഭ്രമമായതിനെ കുറിച്ച് അങ്ങനെ പറയാം ഭ്രമത്തിൽ ഭ്രമിച്ചിട്ടാണ് അവർ പറയുന്നത് ഞാൻ അറിയുന്നവനാണ് ഞാൻ വീട്ടിലിരിക്കുന്നു ഇതൊക്കെ ആ ഭ്രഹത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ അഹോ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞിട്ട് അല്ല അത് ഇനി ആത്മാവെന്ന് പറയുന്നത് എന്താണ് നിത്യശുദ്ധ ബുദ്ധ അതിനറിയാൻ പറ്റും അറിയില്ല മുക്തമാണ് അപ്പൊ അത് അറിവുണ്ടാകത്തില്ല അല്ലാതെ പരിച്ഛിന്നമല്ല അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അദ്വിനെ സംബന്ധിച്ച അഹോ എന്ന് പറയുന്ന ഈ അനുഭവം ഞാനെന്ന് പറയുന്ന അനുഭവം ഒരു ഭ്രാന്തിയാണ് പക്ഷെ അഹോന്ന് പറയുന്ന ആ അനുഭവത്തിൽ ആത്മാവ് ഇങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾക്ക് ഒരനുഭവമോ ഇങ്ങനെ പറയാനോ അതുകൊണ്ട് എന്ന് പറയുന്ന ഈ അനുഭവത്തെ ഒരു ഭ്രാന്തിയായിട്ട് തന്നെ സ്വീകരിക്കുന്നു അല്ലാതിന് ആത്മാവിനെ അറിയുന്നു അഹോ എന്ന് പറഞ്ഞു പറയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അഹോ എന്ന് പറയുന്ന അനുഭവത്തിനും വിഷയമായിരിക്കുന്ന ആത്മാവാണെന്ന് പറയുന്ന അങ്ങനെ പറയുന്നവരും അവർക്കുകൂടിയും അഹോന്നു പറയുന്ന ഈ അനുഭവത്തിന്റെ ആശ്രയമാണ് ആത്മാവെന്നവർ പറയുന്നത് പരമാർത്ഥമല്ല സത്യമല്ല എന്ന് അവർക്ക് പറയേണ്ടി വരും എന്തുകൊണ്ട് അഹം ആസ്മി അഹ ജാനവനായ ഞാൻ ഇഹ സദനേക ഞാനതായി വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് സർവവ്യാപിനായ ആത്മാവിനെ പ്രാദേശിക പ്രാദേശികമായവരറിയുന്നു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് അറിയുന്നു ശരിയാവും അപ്പൊ അവര് പറയുന്നിടത്ത് തന്നെ എന്താണ് അഹോ എന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയമായി ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള വ്യക്തമാണ് അപ്പോ വൈശേഷിയന്മാര് അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരും ആത്മാവ് വീട്ടിന്റെ അകത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം അവര് തന്നെ പറയുന്നു ആത്മാവ് വിഭവമാണ് അപ്പൊ വീട്ടിന്റെ അകത്ത് ഇനി അതിന് അവർക്ക് സമാധാനമുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിയില്ല പറയുന്നത് അവർ പറയുന്നു ഉച്ചിതരഗിരിഷും ഭൂമിഷ്ട്രവാള നിർഭാസ പ്രത്യേകം ദേവസ് പ്രാദേശികത്വം അനുഭൂയതേ ി സമ്മർദ്ദം അവര് പറയുന്നത് ഒന്നും ശരിയല്ല വിശേഷന്മാരോ അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ തന്നെ അറിയിക്കും എങ്ങനെയുള്ള ആത്മാവിനെ വിഭുവായ ആത്മാവിനെ അറിയണം അങ്ങനെ എനിക്ക് നേക്കെങ്ങനെ പറയാൻ പറ്റും ഞാൻ അതായത് ആത്മാവ് ഈ നാല് ചുവരിന്റെ ഉള്ളിലിരിക്കുന്നു എന്നിങ്ങനെ പറയാൻ പറ്റും വീട്ടിന്റെ ഉള്ളിൽ അത് പറയുന്നത് അവർ പറയുന്നത് ഒരാള് ഭൂമി എന്നുകൊണ്ട് ഒരു മലയുടെ മേളിലേക്ക് നോക്കുന്നു വളരെ ഉച്ചമുള്ള ഒരു മല ആ മലയുടെ ഏറ്റവും മേലൊരു വൃക്ഷമുണ്ട് വളരെ ഒരു ഹൈറ്റുള്ള ഒരു മര നിക്കുകയാണ് പക്ഷെ ഈ താഴെ നിൽക്കുന്ന ആളിനത് കാണുന്നത് ഒരു കർഗനാമ്പു പോലെയാണ് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് ഒരു കറ കറുകയുടെ നാമ്പുപോലെ ചെറുതായി കാണാൻ പറ്റും എന്ന് വിചാരിച്ച് എന്താണ് ആ വൃക്ഷം കറുക നാമ്പിന്റെ അത്രേ ഉള്ളു വൃക്ഷം ശരിക്കും എന്താണ് വളരെ ഉയരമുള്ള ഒരു പടുകൂറ്റം വൃക്ഷമാണ് പക്ഷെ താഴെ നിൽക്കുന്നോണ്ടായാൽ എന്ത് തോന്നുന്നു ഒരു കറുകയുടെ നാമ്പ് പോലെ തോന്നുന്നു അതുപോലെ എന്താണ് ലിഖുവായിരിക്കുന്ന ആത്മാവിനെ അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ പ്രാദേശികമായി ഈ ദേശത്തുള്ളതായി തനിക്ക് തോന്നുകയാണ് ആത്മാവെങ്ങനെയാണ് സർവത്ര വ്യാപിച്ചിരിക്കുന്നത് വിഭുവാണ് പക്ഷെ ഈ തന്റെ ശരീരത്തിലൂടെ ോണ്ട് താൻ ആത്മാവിനെ അറിയുമ്പോ ഈ പ്രാദേശികമായി താൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് അല്ല ആത്മാവ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ല ശരിക്കും അവിടെ അറിയുന്ന ആത്മാവിന്റെ പരിഛന്നതയല്ല പിന്നെയോ ദേഹത്തിന്റെ കാരണം ആത്മാവ് വിഭവാണെങ്കിലും ഇപ്പോ ഇവിടെ ഈ ദേഹത്തിന്റെ ഉള്ളിലിരിക്കുകയാണ് ഇപ്പൊ ദേഹം എന്ന് പറയുന്ന എവിടെയിരിക്കുന്നു ഈ നാല് ചോരുകൾക്കുള്ളിൽ അപ്പൊ ദേഹം പരിച്ഛിന്നമായ ദേഹം നാല് ചോരിലുള്ളി ഇരിക്കുന്നത് കൊണ്ട് ദേഹ ഇപ്പോൾ ആത്മാവിനെ അറിയുന്നത് ആത്മാവിനെ കുറിച്ച് എന്ത് ധരിക്കുന്നു നാല് ചോരുകൾക്കുടൽ ഇരിക്കുന്നു എന്ന് ധരിക്കുകയാണ് എന്നാണ് വൈശേഷികന്മാർ പറയുന്നത് ആത്മാവിഭവമാണെങ്കിലും ദേഹം എങ്ങനെയുള്ളതാണ് പരിച്ഛിന്നം ആത്മാവിനെ എവിടെയിരുന്ന് അറിയുന്നത് ദേഹത്തിലിരുന്നു കൊണ്ടാവും അറിയാം ദേഹം പരിച്ഛിന്നമായ ആത്മാവിനെയും ദേഹത്തീരുന്നറിഞ്ഞ എങ്ങനെ അറിയാൻ പറ്റുമോ പരിച്ഛന്നമോ ഇപ്പൊ ദേഹം നാല് ചുവരുകൾക്കുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണെന്തു പറയുന്നത് ആത്മാവ് നാല് ചവരുകൾക്കുള്ളിൽ പരിചിന്നമായ ദേഹ സംബന്ധിക്കായി ആത്മാവിനെ അറിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം പറയാം അഹംസനെ ഏവസ്മി ഞാനതാ വീട്ടിയിരിക്കുന്നു പറയാം ദേഹത്തിന്റെ പരിമിതിയെ ആത്മാവ് പറയുന്നു എന്നാണ് അയാള് പറയുന്നത് വിശേഷി അപ്പോ സിദ്ധാന്തം വരുന്ന അങ്ങനെ പറയാൻ പാടില്ല അത് ശരിയല്ല നിങ്ങളീ പറയുന്നതും ശരിയല്ല എന്നിട്ട് അല്ല പൂർവപക്ഷം നോക്കുക എന്താണ് ഉച്ചതരഗിരിശിഖര വർത്തിക്ഷു ഉച്ചതരമായ എന്നുവെച്ചാൽ വളരെയധികം പക്കമുള്ള ഗിരിശിഖരം പർവ്വതത്തിന്റെ കൊടുമുടി ആണ് ഗിരിശിഖരം ഗിരിശിഖര വർത്തിഷു അവിടെ സ്ഥിതി ചെയ്യുന്ന മഹാതരുഷു പുതിയ ഉച്ചങ്ങൾ ഒന്നല്ല ഒന്നിക്കൂടു ഭൂമിയിൽ നിൽക്കുന്നവൻ്റെ ഭൂമിഷ്ട ഭൂമിയിൽ നിൽക്കുന്നവന് ദുർവാപ്രവാള നിർഭാസ പ്രത്യേക ദുർവാർവ ദുർവേല ദൂർവ കറുകുർവാപ്രവാളം എന്ന് വെച്ചാൽ എന്റെ നാമ്പ് കറുകാമ്പ് എന്റെ നിർഭാസ പ്രത്യേകം നിർഭാസ ഏവ പ്രത്യേകം നിർഭാസം എന്ന് വെച്ചാൽ പ്രത്യക്ഷം പ്രത്യേകം എന്ന് വെച്ചാൽ പ്രത്യക്ഷം ജ്ഞാനം പോലെ പ്രത്യക്ഷമായി കാണുകയാണ് കറുകനാരു പോലെ എന്തിനെ മഹാവൃക്ഷങ്ങളെ അത്തരം ചെറുതായി കാണുന്നത് അത് ഒരുപാട് ദൂരത്തിലായിരുന്നു ഹൈക്കിലായിരുന്നു എന്ന ആര് പറയുന്നു അതുപോലെ ആത്മാവിനെ അറിയുന്നു പറയുന്നു മഹാദേശ ഭൂമിഷ്ട ദുർവാള നിർഭാസ പ്രത്യം നിർഭാസ ഏവ പ്രത്യക്ഷ പ്രത്യർത്ഥം പ്രത്യക്ഷ ജ്ഞാനം പോലെ ുഭവം എന്താണ് അഹം സദനെ ഇഹ സദനെ ഏവ അസ്മി എന്നുള്ള ഈ അറിവ് ദേഹസ്ത്വം അനുഭവിയതേ ദേഹത്തിന്റെ പ്രാദേശികത്വം ദേഹം നിലക്കുള്ളിലിരിക്കുന്നു ദേഹത്തിന്റെ പ്രാദേശികത്വം ദേഹത്തിന്റെ പരിച്ഛിന്നത പരിമിതി അത് അനുഭവത അതാണ് അനുഭവപ്പെടുന്നത് ആത്മന അല്ലാതെ ആത്മാവിന്റെ പരിമിതിയല്ല അറിയുന്നത് എന്ന ആര് പറയുന്നു വിശേഷന്മാര് പറയുമ്പോ പൂർവ്വത്തോട് ചേർക്കണം ഇതി നച്രതം ദേഹസ്യാന്നുള്ളതിന്റെ പൂർവ്വത്തിലുള്ള നചാന്നട ഇങ്ങോട്ട് തന്നെയായി സാമ്പ്രദം എന്നും സാമ്പ്രതം എന്ന് വെച്ച എന്താണോ സാമ്പ്രതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സാമ്പ്രതം എത്രയോ തവണ പഠിച്ചാണ് വ്യാകരണത്തിൽ പോലും പഠിച്ചാണ് എന്നിട്ടും അറിയത്തുള്ളു യുക്തം നജസാമ്പ്രദം നയുക്തം യുക്തമല്ല ശരിയല്ല എന്ന് സിദ്ധാന്തി പറയും അതിനകത്ത് പൂർവപക്ഷം കൊണ്ട് സിദ്ധാന്തവും ആ നജ സാമ്രദം ഒഴികെയുള്ള എല്ലാം പൂർവക്ഷം നജ സാമ്പ്രദം സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ഒരു പരിമിതി അറിയുകയാണ് ആത്മാവിന്റെ അല്ല ദേഹത്തിന് ഇരുന്നുകൊണ്ട് ആത്മാവിനെ അറിയുമ്പോൾ എങ്ങനെയൊക്കെ അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ പരിമിതി ആത്മാവിന്റെതാണെന്ന് നമ്മൾ പറയും ഞാനിത് അമ്പുറിക്കാത്ത ഇരിക്കുന്നു ആത്മാവ് വിഭവമാണെന്ന് കൂടുഷിയ സിദ്ധാത്തം അഹമിതി അഹമിതി നിങ്ങൾ പറയുന്നത് ദേഹത്തിന്റെ പരിമിതിയെ ആണ് നമ്മൾ അറിയുന്നത് എങ്ങനെ അഹം സദനെ ഏവ അസ്മി എന്ന് പറയുന്നത് ആ ദേഹത്തിന്റെ പരിമിതിയാണ് പറയുന്നത് ദേഹത്തിന്റെ പരിമിതി കാരണം നിങ്ങളുടെ തന്നെ എന്താണ് അഹത്തിന്റെ ആശ്രയം ആത്മാവെന്നാണ് ദേഹമൊന്നല്ലെന്താണ് അഹം എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അത് ശരീരത്തിന്റെ പരിമിതി അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹമെന്ന് ഇങ്ങനെ പറയും അഹോ എന്ന് പറഞ്ഞ എന്തായിപ്പോവും ആത്മാവാ പറയുന്നത് ദേഹത്തിന്റെ പരിമിതി അറിയണമെങ്കിൽ അഹമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും അഹം സദനേവ അസി എന്ന് പറയുന്നതിന് പകരം എന്തുപറയണം ദേഹം വീട്ടിലുണ്ടെന്ന് പറയേണ്ടി വരും അങ്ങനെയാണോ പറയുന്നത് ദേഹത്തിന്റെ പരിമിതി ആണെങ്കിൽ എന്തു പറയേണ്ടി വരും ദേഹം വീട്ടിലുണ്ടെന്ന് പറയുന്നു പക്ഷെ എന്താ പറയുന്നത് അഹം ഞാൻ വീട്ടിലുണ്ടെന്ന് അപ്പൊ ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ ആത്മാവാണ് ആത്മാവിനെ തന്നെയാ പറയുന്നു ആത്മാവിനെ അഹമെന്ന് പറഞ്ഞ് ആത്മാവിനെ അറിയാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മാവിനെ അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം നിങ്ങളുടെ അഹമെന്ന് പറയുന്നതിലൂടെ അറിയുന്നത് എന്തിനെയാണ് ആത്മാവിനെയാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ആത്മാവ് വീട്ടിൽ ഇരിക്കും നാല് ജോലിൻ്റെ ഉള്ളിലിരിക്കും നിങ്ങളീ പറയുന്ന വ്യക്തി അനുസരിച്ച് ദേഹത്തിന്റെ പരിമിതിയാണെങ്കിൽ നിങ്ങൾക്ക് അഹം എന്ന് പ്രയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ദേഹത്തിൽ അഹം ഒന്ന് പ്രയോഗിക്കാൻ പറ്റത്തില്ല എവിടെ പറ്റൂ ആത്മാവിനെ പറ്റൂ തഥാ നിങ്ങള് പറയുന്ന പോലെ അഹം എന്നുള്ളതിലൂടെ ദേഹത്തിന്റെ പരിമിതിയാണ് അറിയുന്നതെങ്കിൽ അഹമിതി ഏവം നബോതി അഹം എന്നിങ്ങനെ അനുഭവം ഉണ്ടാകത്തില്ല അഹം അനുഭവം ഉണ്ടായോ നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് എന്തായിരിക്കും എന്തായിരിക്കും ഊരോക്ഷര സ്ഥലം ആത്മാവായിരിക്കും അപ്പോ അഹം എന്ന് വെച്ചാൽ ആത്മാവ് നാല് ചുവരന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അഹമെന്നുള്ളവര് അനുഭവത്തിലൂടെ ആത്മാവിനെയാണോ അറിയുന്നതെന്ന് പറയണമെങ്കിൽ അഹം നാല് ചുവരന്റെ ഉള്ളിൽ എന്ന് പറയാൻ പറ്റില്ല അപ്പോ നിങ്ങളെന്താ പറയുന്ന ദേഹത്തിന്റെ പരിമിതിയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റൂ ദേഹം ഈ നാല് ചുവരുകൾ ഉള്ളിഞ്ഞിരിക്കും ചില വേദാന്തികളൊക്കെ പറയാറുണ്ട് അഹമം എന്ന് പറയാം ഈ ദേഹം എന്നൊക്കെ പറയാറുണ്ട് ഈ ദേഹം ആണെന്നൊക്കെ പറയാറുണ്ട് അതിന് ഈ അഹോന്ന് പറയുന്ന പോലെ തന്നെ അബദ്ധമാണ് ഈ ദേഹം എന്ന് പറയുന്നത് ഈ ദേഹത്തിന്റെ അഭിപ്രായം എന്നൊക്കെ പറയാം ദേഹത്തിന് അഭിപ്രായം ഉണ്ട് അവരബദ്ധമാണ് അഹം ഞാൻ എന്ന് പറയുന്നതിന് വരെ ദേഹം എന്ന് പറഞ്ഞു ദേഹം ഇരിക്കോ കിടക്കോ വർദ്ധമാനം പറയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അഹം എന്ന് പറയുന്നതിന്റെ ആശ്രയം ആത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി ദേഹത്തിന്റെ പരിമിതിയാണെങ്കിൽ അഹം എന്ന് ഞാൻ വീട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ദേഹം വീട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു ാണ് പക്ഷെ അങ്ങനെയല്ല പറയുന്നത് അക്കരസാൻ എന്നാണോ പറയുന്ന അഹം സദനേവ അസ്മി ഇങ്ങനെയാണ് പറയുന്നത് വീണ്ടും പൂർവക്ഷി പറയണം അങ്ങനെ അല്ല ഈ അഹം എന്ന് പറയുന്നത് ശരീരത്തെ തന്നെയാണ് പറയുന്നത് ശരീരത്തെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം ശരീരം വീട്ടിയിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് ഞാനെന്ന് വിനയത്തിന് പറയുന്നത് അവർ പറയുന്നത് പൈശേഷ്യന്മാർ അഹം എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം എന്താണ് ആത്മാവ് ഗൌണമായ അർത്ഥം എന്താണ് ദേഹം ഗൌണമായ അർത്ഥമാണെന്ന് വെച്ചാൽ മുഖ്യമല്ലാത്തർത്ഥം പണ്ട് എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഹോ എന്ന് പറയുന്നതിന്റെ ഗൗണാർത്ഥത്തെ മുഖ്യമല്ലാത്തർത്ഥ മുഖ്യമല്ലാത്തർത്ഥം ഏതാണ് ശരീരം ഒന്നെടുക്കും ഇങ്ങനെ മാറി മാറി പ്രയോഗിക്കും ഞാൻ ആത്മാവ് എന്ന് പറയുന്ന സമയത്ത് അവ ശബ്ദത്തിന്റെ മുഖ്യാർത്ഥം എടുക്കുന്നു അവിടെ അവൻ ശബ്ദത്തിന്റെ മുഖ്യാർത്ഥം എന്താണ് ആത്മാവ് ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അവൻ ശബ്ദത്തിന്റെ ഗോണാർത്ഥം എടുക്കും അവിടെ എന്താണ് അവൻ ശബ്ദത്തിന്റെ ഗോണാർത്ഥം ശരീരം അപ്പൊ ശരിയായ അപ്പൊ ഞാൻ വീട്ടിയിരിക്കുന്നു എന്ന് പറയാം അവിടെ ഞാനെന്ന് പറഞ്ഞാ എന്താണ് ആത്മാവല്ല ശരീരമാണ് ശരീരം വീട്ടിയിരിക്കുന്നു എന്നാണ് അപ്പോൾ വൈശേഷികന്മാർ പറയുന്നത് എന്താണ് അഹംശബ്ദത്തിന് രണ്ടർത്ഥമാണ് ഞങ്ങൾ പറയുന്ന അഹ്ദത്തിന്റെ ആശ്രയം ആത്മാവെന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുഖ്യമായ അർത്ഥത്തെ കുറയായി അച്ഛന അതേ അഹം ശബ്ദം തന്നെ ഞങ്ങൾ ദേഹത്തിനും പ്രയോഗിക്കും ദൌണമായ അർത്ഥത്തെ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ആര് ശരീരം എന്തുകൊണ്ട് അങ്ങനെ അർത്ഥമുണ്ട് അഹം ശബ്ദത്തിന് ആ ശബ്ദത്തിന്റെ അർത്ഥം മാറ്റിയ പോരെ മുഖ്യമായ അർത്ഥം എന്താണോ ആത്മാവ് ഗൌണമായ അർത്ഥം എന്താണ് ശരീരം അപ്പൊ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തർത്ഥം കൊടുത്തു അതിന് മുഖ്യമായ അർത്ഥം കൊടുത്തു അപ്പൊ ഞാൻ ആത്മാവാണ് വിഭുവാണ് സർവവ്യാപിയാണ് എല്ലാം കൂടെ യോജിക്കും പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന് എന്തർത്ഥം കൊടുക്കും ശരീരം ഗൌണമായ അർത്ഥം കൊടുക്കും അപ്പൊ അത് ശരിയാവും ർത്ഥം കൊടുക്കാൻ മുഖ്യാർഥത്തിൽ എന്തെന്ന് എടുക്കും ഗൌണാർത്ഥത്തിൽ എന്തെന്ന് എടുക്കും എന്നാല് പറയുന്നു ഇതിലും പ്രശ്നമുണ്ട് ഇത് വരുന്ന പ്രശ്നമുണ്ട് നിങ്ങൾ ഈ രണ്ടർത്ഥമാണ് പ്രയോഗിക്കുകയാണെങ്കിൽ വൈശേഷികമാരെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ഒരു പദം കൂടെ ചേർത്തത് എന്താണ് റിയുന്നവനായ ഞാൻ എന്നാ പറഞ്ഞത് വെറും ഞാനെന്നല്ല പറഞ്ഞത് അപ്പൊ ഞാനെന്ന് പറയുന്നതിന് ശരീരം എന്നുള്ള അടുത്ത് കൊടുക്കുകയാണെങ്കിൽ അറിയുന്നവനായ ഞാൻ ശരീരം എന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ശരീരം അറിയില്ല വെറും ഞാനെന്നല്ല പറഞ്ഞിരിക്കുന്നു ഇന്നെങ്ങനെ ജാനാൻഹ അഹം എന്നല്ലേ നിങ്ങൾ പറയുന്നു അറിയുന്നവനായ ഞാൻ എവിടെയിരിക്കുന്നു വീട്ടിയിരിക്കുന്നു എന്നാണ് അപ്പൊ അറിയുന്നവനായ ഞാൻ ആരാവും ആത്മാവ് ആ ആത്മാവിന് കിട്ടിയിരിക്കാൻ പറ്റൂ ഇല്ല ഇനി അഹോ എന്ന് പറയുന്നതിന്റെ ഗൗണാർത്ഥം കൊടുത്ത് ശരിയാവും ഞാൻ ശരീരം വീട്ടിയിരിക്കുന്നു അവിടെ ജാനാനാന്ന് പറയാൻ പറ്റും അറിയുന്നവനെന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ശരീരം ജഡമാണ് അവിടെ സിദ്ധാന്തം അനുസരിച്ച് അറിവ് എവിടെ ഉണ്ടാവുന്നത് ആത്മാവ് അപ്പോ നിങ്ങള് തന്നെ അബദ്ധമാണ് ഒന്ന് പറയുന്ന എന്താണ് ഞാനെന്ന് പറയുന്ന ഈ അഹംബോധം ഇതിന്റെ വിഷയമാണ് ആത്മാവെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആത്മാവ് വിഭുവാണ് ഇത് നാല് ഉള്ളിൽ ഇരിക്കാൻ കഴിയത്തില്ല അപ്പോ പറയുന്നു അഹത്തിന് രണ്ടർത്ഥമുണ്ട് ഒരർത്ഥം എന്താണ് ആത്മാവ് വേറെ അർത്ഥം എന്താണെന്നും ശരീരം അതെങ്ങനെ വന്നു അത് ദൂണാർത്ഥം അപ്പൊ ഞാൻ വീട്ടിയിരിക്കുന്നു എന്നിട്ട് ശരീരം വീട്ടിയിരിക്കുന്നു എന്നാണ് വിഷയങ്ങളങ്ങനെ എന്താ പറയുന്നത് ജാനാൻ അഹംസ്വദനവ അസ്മി എന്നാണ് അറിയുന്നവനായ ഞാൻ വീട്ടിലിരിക്കുന്നു എന്നാണ് അപ്പൊ അറിയുന്നവനായ ഞാനെന്ന് പറയുന്നത് ആരായി ആത്മാവക്കോടെ ഗൗണം അടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇത് പരസ്പരം പൊരുത്തപ്പെടത്തിട്ടില്ല മുഖ്യഅടത്തു കഴിഞ്ഞാൽ വീട്ടിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ോണാർത്ഥ എടുത്തു കഴിഞ്ഞാൽ അറിയുന്നവനായ ഞാൻ എന്ന് പറയാൻ പറ്റില്ല കാരണം മുഖ്യാർത്ഥം കൊടുക്കുമ്പോൾ ആത്മാവായി അത് വീട്ടിയിരിക്കത്തില്ല രോണാർത്ഥം എടുക്കുമ്പോൾ ശരീരമായി അതറിയുന്നവനല്ല പക്ഷെ നിങ്ങളിങ്ങനെ പറയാറുണ്ടെന്താണ് ജാനാൻഹ അഹം ഇഹ തവനെ അസി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായ ഞാൻ ഈ നാല് ചുമരുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ അനുഭവം പറഞ്ഞത് ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ടെന്താണ് പറയുന്നത് അഹം ശബ്ദത്തിന്റെ മുഖ്യാർത്ഥം ആത്മാവല്ല ഗൌണാണെന്ന് ശരീരമാണെന്ന് അതും ശരിയല്ല ഇതൊന്നും നമ്മുടെ അനുഭവമായിട്ട് യോജിക്കത്തില്ല അഹം ശബ്ദം എന്താണ് ഒരു അഭ്യാസമാണ് ഒരു ഭ്രാന്തിയാണ് ആത്മാവും അനാത്മാവും ലേയും കൂടെ താതവിനെയും അനുഭവിക്കുന്നതാണെന്റ അഹോ എന്ന് പറയുന്ന അനുഭവാണ് സിദ്ധാന്തം ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്